ഒരു പ്രവാചകനും വഞ്ചന നടത്തുകയില്ല ആരെങ്കിലും വഞ്ചന നടത്തിയാൽ പുനരുദ്ധാന നാളിൽ അവൻ വഞ്ചിച്ച വസ്തുവുമായി വരും പിന്നീട് ഓരോ ആത്മാവിനും അത് സമ്പാദിച്ചതിന് പ്രതിഫലം നൽകപ്പെടും അവർക്ക് യാതൊരു അനീതിയും ചെയ്യപ്പെടുകയില്ല